എന്നാൽ സത്യവിശ്വാസികൾ പറയും അള്ളാഹുവിന്റെ നാമത്തിൽ ശക്തമായി സത്യം ചെയ്ത് തങ്ങൾ നിങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞവർ ഇവരാണോ അവരുടെ കർമ്മങ്ങൾ വ്യർത്ഥമായിരിക്കുന്നു അവർ നഷ്ടം സംഭവിച്ചവരായി തീർന്നിരിക്കുന്നു